സനമുഖ ഉപയോഗപോ അഭ്യസന ഖനീല ശുഭോവാക്ശുഭോ ശുഭം ആദ്യം ഖനീകം ശുഭോവാശുഭോവാ മാസനൗക യാവം അഭ്യാസന ഖനിതം അഭ്യശുഭം ഖനി ശുഭോവാപ്യശുഭോ ശുഭവാസനം പുണ്യവാസനം നല്ലവാസനം അശുഭവാസനം മോശം വാ പാപവാസം ചീത്തവാസം എന്തായാലും ശരി പൂർവം വാസനാഗ്രഹം വാസനാ സമൂഹം ഈ പൂർവം എന്നുവെച്ചോട് ഉദ്ദേശിക്കുന്നത് പൂർവജന്മത്തിനാണ് അഭ്യാസേന ഖനികൾ അന്ന് ജന്മം അനാദിയാണ് അനാദി ജന്മങ്ങളിലെ നിന്റെ അഭ്യാസങ്ങളിൽ നിന്റെ കർമ്മങ്ങളിൽ നിന്റെ പ്രവൃത്തികളിലൂടെ ഖനീങ്ങൾ വളർത്തി വലുതാക്കിയ വാസനീത്താസന നല്ല വാസനക്കാൾ ഇതെല്ലാം പൂറോ പൂറോ ജന്മങ്ങളിൽ നിന്നും നീ വളർത്തി വലുതാക്കിയെടുത്തതാണ് നമ്മൾ എന്തു ചെയ്യണം ഈ ജന്മത്തില് ശുഭം ഖനീകുന്നു ഏ ജന്മത്തിൽ നല്ല വാസനകളെ വളർത്തി വരുക ഈ ജന്മത്തിൽ നല്ല വാസനകളെ വളർത്തി വരുക ശരി എന്തുകൊണ്ട് ഈ ജന്മത്തിന് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യങ്ങളും നല്ല ശീലങ്ങൾ ശീലിച്ചു വരും അത് കർശനമായി സ്വീകരിക്കുകയാണെങ്കിൽ നല്ല നല്ല സ്വഭാവ സവിശേഷതകളുണ്ടാവും നല്ല പ്രവൃത്തി കളിക്കും നല്ല രീതിയിൽ ചിന്തിക്കും എന്തുകൊണ്ട് അവിടെ ഒരു വാസനാ സംസ്കാരം ഉണ്ടാകും ആ വാസനാ സംസ്കാരത്തിനനുസരിച്ച് അവരുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം വരും അതീ ജന്മത്ത് ബാല്യകാലം പോലെ അങ്ങനെ അഭ്യസിക്കുകയാണ് അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും ഖനീം ഭവിക്കുക എന്നിട്ട് വർദ്ധിച്ചു വരിക അങ്ങനെയുള്ള വ്യക്തികളിലും മാറ്റം വരും ഒരാൾ തന്റെ വ്യക്തിത്വത്തെ കരുപ്പലിപ്പിക്കുന്നതിനെ നല്ല രീതിയിൽ ചിന്തിക്കാനും മാറ്റം തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് പുതിയ വാസന നല്ല പ്രവർത്തികുമ്പോൾ അതിനനുസരിച്ച് പുതിയ വാസന അത് ആ വാസനകൾ പ്രേരകമായിട്ട് പ്രേരകമായിട്ട് വീണ്ടും നല്ല പ്രവൃത്തിനെ വെച്ച് അപ്പോൾ അയാള് അങ്ങനെയുള്ള ഒരെണ്ണം സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നു പറയും നല്ലത് ചീറ്റെന്നൊക്കെ പറയുന്നത് ഓരോരോ ഓരോ വ്യക്തികളുടെ ധാരണയ്ക്കനുസരിച്ച് അവരുടെ സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്നതുമായ നന്മയും തിന്മയൊക്കെയാണ് എല്ലാം പ്രത്യേകിച്ച് നമുക്ക് നന്മ തിന്മ എന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല ഇത് എഴുതിയിരുന്ന കാലത്താണെങ്കിൽ എന്തെങ്കിലും ആവട്ടിച്ച് ആവട്ടിച്ച് പറഞ്ഞു അന്ത് ശാസ്ത്രങ്ങളിൽ എന്ത് പറഞ്ഞു അതാണ് നല്ലതെന്നാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ലത് എന്തൊക്കെയാണോ ചീത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ മോശമാണ് ഇത് ഇവിടെയും പറയും പഴയകാലത്ത് അങ്ങനെയാണ് നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് വ്യത്യാസം പഴയകാലത്ത് എന്താണ് സാമാന്യധർമ്മങ്ങളും വിശേഷധർമ്മങ്ങളും പറയും മനുഷ്യരുടെ മനുസ്മൃതികളൊക്കെ പറയും പുരാണങ്ങളിലും എല്ലാം ഒരുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസം സാമാന്യധർമ്മങ്ങളെന്ന് പറഞ്ഞാൽ എന്താണോ എന്താണ് നാല് ജാതിയിലും പെട്ടവർ അനുഷ്ഠിക്കേണ്ടതാണ് സാമാന്യധർമ്മം ധർമ്മങ്ങളൊക്കെ ഈ നാല് ജാതിക്കേ ഉള്ളൂ അതിന് പുറത്തുള്ളവർക്കില്ല പ്രത്യേകം മനസ്സിലാവും പുറത്തുള്ളവരുങ്ങൾ എച്ച് എം ആർ അവർക്ക് ഈ ധർമ്മവും നാല് ജാതിയിലും പെട്ടവർ അവർക്ക് എല്ലാവർക്കും അനുഷ്ഠിക്കേണ്ടി വരുന്നതാണ് സാമാന്യത ഒരു കാരണം പറഞ്ഞാൽ അഹിംസ അഹിംസ എന്ന് പറയുന്നത് ഈ നാല് ജാതികളും അനുഷ്ഠിക്കും അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ മറ്റെന്തുകൊണ്ട് അവിടെ പോയി എന്താണോ ജാതി ധർമ്മങ്ങൾ പ്രത്യേകിച്ച് പറയും അതിന് വിശേഷധർമ്മങ്ങൾ ബ്രാഹ്മണനെ അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് ക്ഷേത്രിനുഷ്ഠിക്കേണ്ടത് എന്നതാണ് പൈസ അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് സൂത്രം അനുഷ്ഠിക്കേണ്ടത് എന്താണെന്ന് പറയും അത് വിശേഷധർമ്മ ഈ വിശേഷധർമ്മങ്ങൾ വരുമ്പോൾ അവിടെ സാമാന്യധർമ്മത്തിന് മാറ്റം അപ്പൊ പറയുന്നു ഹിംസ പാടില്ലാത്ത ക്ഷത്രി ഹിംസയാകാം അത് എവിടെക്കാണോ പറയുന്നത് ആ സന്ദർഭങ്ങൾ എങ്ങനെ രാജ്യത്തെ പരിപാലിക്കുന്നിടത്ത് ശത്രുക്കളെ അമർച്ച ചെയ്യാം കള്ളന്മാരെ അമർച്ച ചെയ്യാൻ ധർമ്മം പരിപാലിക്കാൻ ബ്രാഹ്മണനെ അരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ ഹിംസിക്കാം അത് മനസ്സുകളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഞാനൊന്നും എൻ്റെ കയ്യിൽ നിന്നു കൂട്ടിച്ചേർക്കുന്നില്ല അതേസമയം വിശ്വസനാണെങ്കിലും ഹിംസപ്പാടില്ല ഒരിക്കൽ ശൂദ്രനെപ്പോഴും അഹിംസാവാത്തം തന്നെ ശൂദ്ര ഹിംസിച്ചാൽ ശൂദ്രന് ഹിംസ പാടില്ലാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒറ്റ എണ്ണത്തിനും വെളിവിൽ തലയ്ക്ക് പൊളിയുള്ള ഒറ്റ എണ്ണ എന്തുകൊണ്ടാണ് ശൂദ്രൻ ഹിംസ പാടില്ല എന്ന് ദുധരൻ ഹിംസിച്ചതിന് മേലിലോട്ടുള്ളതിനാണ് ഹിംസിക്കുന്നത് വേറെ ഹിംസിക്കുന്നത് അവന്റെ മേലിലുള്ള വയസ്സനും ക്ഷത്രിയും ബ്രാഹ്മണനെയൊക്കെ അവൻ ഹിംസിക്കാൻ തുടങ്ങും അതുകൊണ്ടാന്ന് പറഞ്ഞ അവന് ഹിംസ പാടില്ല ഏ ഇങ്ങനെ ആ അഹിംസന്ന് എന്താണ് ഈ എപ്പോഴും നമ്മൾ ഓർക്കണം ഈ ധർമ്മമെല്ലാം പറയുന്നത് നാല് ജാതികൾക്കാണ് ധർമ്മം പറയുന്നത് ഈ നാല് ജാതിക്ക് പുറത്തുള്ളവർക്ക് ധർമ്മത്തിന് അവരർഹരല്ല അവർക്ക് ഹിംസിക്കുകയോ ഹിംസിക്കുകയോ അവരുടെ ഇഷ്ടം പോലെ വെച്ച് അതവരുടെ ഇഷ്ടം അവർക്കൊന്നും ഉപദേശിക്കുന്നില്ല അവർക്ക് ധർമ്മയില്ല കാരണം അവർ ബഹിഷ്കരിച്ചവരാണ് അവർ സമൂഹത്തിന് പുറത്താണ് ഇതിനകത്തുള്ളവർക്ക് എന്താണ് അഹിംസ പൊതുവായ ധർമ്മമാണ് പിന്നെ പ്രാണിഹിംസയെ സംബന്ധിച്ച് ഇപ്പൊ ബ്രാഹ്മണന് ഹിംസിക്കാം ഇവിടെ യാഗത്തിൽ കുറേശ്ശെ പക്ഷിക്കുകയും ചെയ്യാം ദോഷം ക്ഷത്രിയെ ഹിംസിക്കാം ഇവിടെ കാട്ടിപ്പോയി മൃഗങ്ങളൊക്കെ വല്ല വേട്ടയാടാം അങ്ങനെയൊക്കെ ഹിംസിക്കാം അപ്പോ അതിന് വിരോധമൊന്നുമില്ല പിന്നെ വൈസ്യനും ശൂദ്രനുമൊക്കെ പ്രത്യേകിച്ച് ഹിംസിക്കണം എന്ന് പറയുന്നു പക്ഷേ ബ്രാഹ്മണന്റെയും ക്ഷത്രിയന്റെയും ഹിംസയെക്കുറിച്ച് ഹിംസിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് പഞ്ച പഞ്ചനകാഭക്ഷ ബ്രഹ്മക്ഷത്രണ ്രാഹ്മണനും ക്ഷത്രിയനും ഏതൊക്കെ മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കാം എന്നുള്ള കൃത്യമായി പറയുന്നു രാമായണത്തിൽ പറയുന്നതാണ് ഞാൻ പറഞ്ഞത് ചെടത്താലത്ത് എന്താണ് രാമൻ മാംസം ഭക്ഷിച്ചു കൊന്ന അവരെ പറഞ്ഞെന്നും പറഞ്ഞു അയാളെ കൊല്ലാൻ പോയി കുറച്ച് കൊന്നോന്നറിയില്ല ഇനി ചിലവ് കൊല്ലും ഇത് രാമായണത്തിൽ പറയുന്നതാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും അഞ്ചു ജീവികളെ കൊന്നു രാമായണത്തിൽ തന്നെ പറയുന്നു ശശി ശല്ലകി ഖഡ്ഗി ഗോത്ബ ഖ്ഗി കുർമോഥ പഞ്ചമ ആമയത്തിന് ആണ് ആമ ആമ ഇവിടെ നമ്മൾ ഇന്നത്തെ ആൾക്കാരും ആമയെ കൊന്നു തിന്നാറില്ല പണ്ട് ബ്രാഹ്മണർക്കും ക്ഷത്രിയൊക്കെ ആമയെ കൊന്നു നിന്ന പഴയകാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടോടികൾ അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നടോടികൾ എന്ന് പറയുന്നൊരു ഭാഗം അവർ വന്നിട്ട് കുളത്തിലൊക്കെ അവിടെ ആമേപ്പിച്ചിരുന്നവർ നാട്ടില് ഉള്ളവരവരും അങ്ങനെ കഴിക്കാറില്ല പക്ഷെ പണ്ട് ഗ്രാമീണത്തിനും കഴിച്ചിരുന്നതാണ് അപ്പോൾ അവരെ കഴിക്കുന്നവർ മോശം പറയാൻ പറ്റും അത് രാമായണത്തിൽ പറയുന്നവരാണ് സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആരാരോട് പറയുന്നു എന്ന് വേണമെങ്കിലും പറയാം ബാലി രാമനോട് പറയുന്നുണ്ട് എന്നെ കൊല്ലാനും തിന്നാനും വിധിയില്ല പിന്നെ എന്തിനു എന്നെ കൊന്നു എന്ന് ചോദിക്കുന്നിടത്താണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് കേട്ട് നിങ്ങളാരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഈ നിയമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ആര്യാവർത്തത്തിലേക്ക് വേണ്ടിയാണ് കൃത്യമായി പറയുന്നത് ആര്യാവർത്തു കഴിയുമ്പോൾ ഈ വിന്ധ്യപർവ്വതത്തിനപ്പുറമാണ് നോർത്ത് ഇന്ത്യ എന്ന് നമ്മളിന്ന് വിളിക്കുന്ന ആ ഭാഗത്താണ് ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കിയിരുന്നത് കൃഷ്ണമൃഗങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലം യാഗത്തിന് പറ്റിയ സ്ഥലം ഹിമാലയത്തിനപ്പുറം വിന്ധ്യനപ്പുറം ബംഗാളിനും ഗുജറാത്തിനും ഒക്കെ ഇടയ്ക്ക് വരുന്ന ആ ഭാഗം അവിടെയാണ് ഈ അപ്പോ ഇവിടെയുള്ളവരതിൽ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോ വേറെ വലിയൊരു പ്രശ്നമെന്ന് സനാതനധർമ്മം എന്ന് പറഞ്ഞ ഞാൻ ഈ കഴിഞ്ഞയാഴ്ച രാജസ്ഥാനൊരു എം എൽ എ പ്രസംഗിക്കുന്ന കേട്ടു ന്യൂസിലാണ് അവിടെ അങ്ങനെ സംസാരിക്കുന്നതിനും യാതൊരു പ്രശ്നവും ഇല്ല പരസ്യമായൊരു വലിയ സദസ്സിലിരിക്കുന്നു അവിടെ എല്ലാ ജാതികൾക്കുണ്ട് പൊളി വളരെ ശക്തമായിട്ട് ചാതുപോർണിയത്തെ പിന്തുണച്ചോട്ട് സംസാരിക്കുകയാണ് അത് നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണമെന്നൊക്കെ അതിന് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട് അത് കേൾക്കാതിരിക്കുന്നതിന് ശൂദ്രന്മാരുണ്ട് വൈശ്യന്മാരുണ്ട് ക്ഷത്രികരുണ്ട് എല്ലാവരും എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കിട്ടുണ്ട് കാരണം ആര്യാവർത്തവണ് അവിടേക്കത് പറയുന്നതിന് ദോഷമൊന്നുമില്ല പക്ഷെ ഇനി തെക്കോട്ടെന്ന് പറയുമ്പോഴാണ് പ്രശ്നം തമിഴ്നാട്ടുകാരെ എതിർക്കും മലയാളികൾ എതിർക്കും തെലുങ്കൻ എതിർക്കും എന്തുകൊണ്ടത് സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു വലിയ എതിർപ്പ് വരുന്നത് ഇതാ പ്രശ്നം ഇതിനകത്ത് ജാതി വിവേചനങ്ങളും വേണ്ടാധീനങ്ങളും ഒക്കെ എഴുതി വച്ചിരിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ധർമ്മം എന്ന് പറയുന്നവർ നല്ല അർത്ഥത്തിൽ അതിനെ എതിർക്കുന്നതല്ല ഇതിനുള്ള വേണ്ടാധീനങ്ങളെയാണ് അവരെതിർക്കുന്നത് പക്ഷെ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻസിനത് വേണ്ടതാണ് സൗത്ത് ഇന്ത്യൻസിനത് വേണ്ടാത്തതാണ് എന്തുകൊണ്ട് അതി വേണ്ടത് എന്നതെല്ലാം എഴുതി വച്ചിരിക്കുന്നുണ്ട് സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളതാണ് ഓർമ്മയോന്നുള്ളൂ പറയാതെ ഇനി വിട്ടുപോയാതും വലിയ നഷ്ടമായിരിക്കും അത് ഞാനങ്ങ് പറഞ്ഞു എന്തുകൊണ്ടാണ് എതിർപ്പുകളും ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അല്ലാതെ നമ്മൾ ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മത്തെ എതിർക്കുന്നു അങ്ങനെയുള്ള ചിന്തിക്കേണ്ടത് ധർമ്മത്തെ ആരും എതിർക്കത്തില്ല വേണ്ടാധീനങ്ങളെ എതിർക്കുന്നു അതിനും ധർമ്മം ഒന്നും പേരിട്ടു അതാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ഇനി എതിർക്കുന്നവർക്ക് എന്തെങ്കിലും ധർമ്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ധർമ്മമൊന്നുമില്ല അത് വേറെ കാര്യം അവർക്ക് പ്രത്യേകിച്ച് അവരുടേതായ ധർമ്മമൊന്നും അവർക്കുമില്ല പക്ഷെ ഇങ്ങനൊരു വിഭജനം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെക്കുകയും ഇപ്പം ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ഈ ഞാൻ പറഞ്ഞു പോകുന്ന സാമാന്യധർമ്മവും വിശേഷധർമ്മങ്ങളെ കുറിച്ചാണ് അപ്പം ഇതെല്ലാം എന്താണ് അവരവരുടെ ജാതിക്കനുസരിച്ചാണ് പഴയകാലത്ത് നമ്മൾ ശാസ്ത്രങ്ങൾ എഴുതി വച്ചിരിക്കുന്നതും ആര്യാവർത്തത്തിലൊക്കെ ഇന്നും നിലനിൽക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ടൊന്നും എൻ്റെ ഒരിക്കലും ഉദ്രം ഇപ്പോഴില്ലെന്നു കൊണ്ടായിരുന്നു ഇപ്പോഴില്ല പ്രവൃത്തി വാസനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ധാർമ്മിക പ്രവൃത്തികൾ ചെയ്ത് നല്ല പ്രവൃത്തികളും ചെയ്തു വാസന ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പോയത് എന്താണ് നല്ല പ്രവൃത്തി പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ദുരന്തങ്ങളെല്ലാം പറയുന്നത് ഈ ജാതി വിവേചനവും സ്ത്രീവിരുദ്ധതയും ഒക്കെയാണ് അന്നത്തെ നല്ല പ്രവൃത്തി അത് ചെയ്താൽ നല്ല വാസന ഉണ്ടാവുമെന്നാണ് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വച്ചിരിക്കും അവിടെ തെറ്റിദ്ധരിക്കരുത് സാമാന്യധർമ്മങ്ങളെക്കുറിച്ചല്ല പറയും സാമാന്യധർമ്മവും മനുഷ്യന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശേഷധർമ്മങ്ങളെ പറയുമ്പോൾ അതെല്ലാം ക്യാൻസലായി അപ്പോൾ അതനുഷ്ഠിച്ചാൽ നല്ല വാസന ഉണ്ടാവുമെന്നാണ് പറയുന്നത് അന്ന് എഴുതി വച്ചിരിക്കും ഇന്ന് നിങ്ങൾക്കതൊക്കെ നമ്മൾ വീണ്ടും ഏറ്റു പറയണമെന്നല്ല ഞാൻ പറയും നമ്മൾ പഠിക്കുന്ന പഴയ ഗ്രന്ഥമായിരുന്നു ഈ പഴയ ഗ്രന്ഥത്തിൽ ഞാൻ പറയുമ്പോഴാണ് അതൊക്കെ മാറ്റേണ്ടതാണ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും ഒക്കെ വരുന്നു എന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സാമാന്യധർമ്മങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ശരി അത് ജാതിയുമായി ബന്ധിപ്പിക്കാതെ എന്താണ് സത്യം ധർമ്മം ദയ തുടങ്ങിയ കാര്യങ്ങൾ സാമാന്യമായി പറയുകയാണെങ്കിൽ ശരിയാ അനുഷ്ഠിക്കുന്ന ആളാണ് നല്ല വാസനകൾ ഉണ്ടാകും പക്ഷേ ജാതി ധർമ്മങ്ങളാണെങ്കിൽ അതിൽ നിന്ന് എന്ത് വാസന ഉണ്ടാവും അവിടെയാണ് അതുകൊണ്ട് എന്താണ് നല്ല വാസന ഉണ്ടാവുന്നുവെങ്കിൽ നല്ല ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക സാമാന്യമായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക ജാതിയുമായി ബന്ധപ്പെടാത്ത ധർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിൽ നിന്ന് പുറത്തു വരും പുറത്തു വന്നിട്ട് മാനുഷികമായ ധർമ്മങ്ങളെ അനുഷ്ഠിക്ക മതവും ജാതിക്കും ഒന്നും ബന്ധപ്പെടാത്ത നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നാൽ ഈ പറയുന്ന ശുഭവാസികളുണ്ടാവാട്ടു അപ്പൊ ഈ പറയുന്നത് ശരിയാവും നല്ല പ്രവൃത്തികൾ ചെയ്യുക നല്ല വാസന ഉണ്ടോ ഈ ജന്മത്തിൽ അപ്പൊ ഈ പൂർവജന്മങ്ങളുടെ കഥ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വാസനക്കെ ഉണ്ടാകുന്ന മനുഷ്യജന്മത്തിലേ ഉണ്ടാവും കേട്ടോ ഇതിന് മുമ്പ് പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ പല ജന്മങ്ങളിലും പട്ടിയും പൂച്ചൊക്കെ ആയിട്ടുണ്ട് അതൊന്നും എന്താണ് ഗൗരവത്തിൽ കിട്ടേണ്ട കാര്യമാണ് ഞാൻ ജന്മം തമാശക്ക പറയും കടയായി ജനിക്കും പൊട്ടിയായി ജനിക്കുന്ന അതുകൊണ്ടൊന്നും പ്രശ്നമില്ല കാരണം എന്താണ് അവിടെയൊന്നും വാസന സഞ്ചയിക്കത്തില്ല മനുഷ്യജന്മത്തിൽ മാത്രമേ വാസന സഞ്ചയിക്കത്തുള്ളൂ ആ വാസന സഞ്ചയിക്കുന്നത് എന്താണ് ശാസ്ത്ര വിധി അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ നാല് ജാതിക്ക് പുറത്തുള്ള ആൾക്കാർ രണ്ടാളന്മാർക്കും മറ്റും അവർക്കൊന്നും ആസന ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് അവര് ശാസ്ത്രവിദ്യ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് പിന്നെ അവർക്കെന്താ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് അവർക്ക് തൃതീയ സ്ഥാനം വിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ എന്ന് വെച്ചാൽ പൊറുജന്മത്തിൽ ചെയ്ത ഈ പറയുന്ന ദുർവാസനയുടെ ഫലമായി ജന്മം അനുഭവിച്ചു അതുകൊണ്ടാണ് അവരുടെ സുഡ് പാത്രങ്ങളല്ലാത്തത് അപ്പൊ അവർക്ക് ഒരു പ്രശ്നമുണ്ട് മനുസ്മൃത വ്യക്തമായി പറയുന്നുണ്ട് അവര് ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിച്ച് ജീവിച്ച് മരിച്ചും പശുവിന്റെ മാംസമൊക്കെ അവർ പോകും ഇപ്പൊ ചിലടക്കുറയും ഇതൊക്കെ പഴയ കാര്യമല്ലേ സ്വാമി ഇതൊക്കെ എന്തിനാ പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളിപ്പോ ഒരു ഐക്യത്തിൽ ഇങ്ങനെ ഈ ഐക്യത്തെ സ്വാമിയായിട്ട് നശിപ്പിക്കണോ എന്ന് ചിന്തിക്കുന്നവരും കാണുന്നു ഐക്യം വേണം മനുഷ്യർ അത് യാതൊരു ആധുനികമായ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന അതാ എന്താണ് മനുഷ്യര് ഐക്യം വേണം ഒന്നായിരിക്കും മനുഷ്യരെല്ലാം ഒന്നായിരിക്കും മനുഷ്യരുടെ എന്താണ് ജാതിയുടെയും മതത്തിന്റെയും വിവേചനമില്ലാതെ മനുഷ്യരൊന്നാണ് ഇല്ലെങ്കിൽ എന്തോ വരും ഇപ്പൊ കണ്ടില്ലേ ഭൂതന്മാരും ഇസ്ലാമിസ്റ്റുകളും തമ്മിലെടുക്കുന്നുണ്ട് എന്തിന്റെ പേരിലും മതത്തിന്റെ പേരിലാണ് രണ്ടു കൂട്ടരും തീവ്ര മത വിചാരമുള്ളവരാണ് അത് ഒരാൾ മെച്ചമുണ്ട് യൂതന്മാരെ എന്ന് പറയുന്ന കടുത്ത മതവാദികളാണ് അവർ മറ്റു ഒരു വിഭാഗമായിട്ടും ഒരിക്കലും മതപരിവർത്തനം അവരുടെ അങ്ങോട്ടാരും എടുക്കത്തുമില്ല അവർ വേറെ പോകത്തുമില്ല മതത്തിന് കർശനമായ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക വ്യക്തികളാണ് ഇവിടെ പണ്ട് ചണ്ടി പറഞ്ഞിരുന്നത് അങ്ങനെ സ്വയം വിശ്വസിക്കുകയും ആരുമായിട്ടും ഒരു സമൂഹമായിട്ടും യോജിക്കാതെ അതിൽ ശരിക്കും ഓർത്തഡോക്സായി ജീവിക്കുന്ന ആൾക്കാർ എന്നോട് ഇസ്രയേൽ പോയിട്ട് വന്ന ഒരാൾ പറഞ്ഞാണ് അവരുടെ വീട്ടിൽ രണ്ട് പാത്രം വയ്ക്കും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഒരു പാത്രം അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ട പാത്രം അത്രയും ഐത്തൊക്കെ കൊടുക്കുന്നവരാണ് മത തീവ്രവാദമുള്ളവർ മറ്റവരും തീവ്രവാദമുള്ളവർ ഇവർ തമ്മിലാണ് അടിക്കുന്നത് ഇതാണ് മനുഷ്യനെ മതങ്ങൾ വിഭജിക്കുന്നത് പിന്നെ എങ്ങനെ അപ്പൊ മനുഷ്യന്റെ ഐക്യമാണ് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജാതിയുടെ ഐക്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഐക്യമോ കൊണ്ട് മനുഷ്യ സമുദായത്തിനൊരു ദോഷമേ വരും പരസ്പരം വിദ്വേഷങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ കാര്യം അതുകൊണ്ട് ആൻ്റെ ഐക്യത്തെ തകർത്താനുള്ള ഞാൻ പറയും പഴയ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പറയും അത് നില കഴുകി വെച്ചിരിക്കുന്നു വായിച്ചു അതെന്റെ സംസ്കാരം ഞാൻ കുറെ കാലം ഇതിനുവേണ്ടി മെനക്കെട്ടു പത്തൊമ്പത് കൊല്ലം ഇതാണ് യുദ്ധം മുഴുവൻ നടത്തിയത് അപ്പൊ എനിക്കൊരു സംസ്കാരം ഉണ്ടാവുന്നു വാസന അത് പറഞ്ഞേ പറ്റൂ കുറെ പറ്റില്ല അതുകൊണ്ട് പറയുന്നു എന്നുള്ളത് എന്റെ വാസന എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഭാഗ്യമാകുന്നവർ അങ്ങനെ ഒരു വാസന പക്ഷെ കേട്ട് കേട്ട് നിങ്ങൾക്ക് ഒരു വാസനയുണ്ടാവും കേൾക്കുന്ന വാസന എന്തായാലും ഉണ്ടാവും വാസന എന്തായാലും ഏ ഇസ്രായേലിനകത്ത് അവിടെ എന്താണ് മുസ്ലിങ്ങളുണ്ട് അവർക്ക് ആ രാജ്യത്തില് ജനാധിപത്യമുണ്ട് അതൊക്കെ ശരിയാണ് ഞാൻ പറയുന്ന മതത്തിന്റെ കാര്യമാണ് മനസ്സിലായ മതത്തിന്റെ നിലപാട് തീവ്ര നിലപാടാണ് ഒരു മതത്തിന്റെ നിലപാട് തീവ്ര നിലപാടാകുമ്പം അവർക്ക് ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അവർക്കുണ്ട് ഇസ്രായേൽ പോയി താമസിച്ച് ജീവിച്ചിട്ടുള്ള ആരോടൊന്നും ചോദിക്കുക ഭൂരിപക്ഷം അങ്ങനെയാണ് അല്ലാത്ത േലിൽ നിന്നുള്ള അമേരിക്കയിലൊക്കെ പോയി താമസിക്കുന്നവരിലൊക്കെ ചില മാറ്റങ്ങൾ വരും അവിടുത്തെ ഒരു കൾച്ചറുമായിട്ടൊക്കെ ചേർന്ന് അവരെപ്പോഴും മറ്റുള്ളവരെ നമ്മളെ വേർതിരിച്ചു നിൽക്കാനും നമ്മുടെ ആഢ്യന്മാരാണെങ്കിൽ സ്വയം വിചാരിക്കുന്നവരാണ് അങ്ങനൊരു മനസ്സാണ് അവർ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടോ എന്ന് പറയുന്നത് അത് ഇലക്ഷന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിലൊക്കെ ജനാധിപത്യമുണ്ട് മുസ്ലീങ്ങളവിടെ താമസിക്കുന്നുണ്ട് അതൊക്കെ ശരിയല്ല പക്ഷെ അവര് മതം എന്നുള്ള നിലയ്ക്ക് അവിടെയാണ് ഈ ഭൂമി ഉരുണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ മനുഷ്യരും താമസിക്കുന്നുണ്ട് അല്ല പക്ഷെ മതം എന്നുള്ള നമ്മൾ മറ്റുള്ളവനെ വെറുക്കുന്നത് ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു മതത്തിനെ പിറക്കുന്നു അവൻ അവന്റെ മതം പറഞ്ഞിട്ട് എന്നെ വെറുക്കുന്നു ഇത് വിശ്വാസികളിൽ ഈ വിഷം കുത്തിവെക്കുകയും ചെയ്യും ഇത് വളർത്തിക്കൊണ്ടുവരും അവിടെയാണ് കുഴപ്പം വരുന്നത് അതാണ് പിന്നെ കലഹമായിട്ടൊക്കെ ഒരു കലഹത്തിന് ഒരു കാരണമല്ല ഇത് മാത്രമല്ല ജനാധിപത്യം എന്ന് പറയുന്നത് വേറെ കാര്യം അപ്പോ എന്താണ് പറയുന്നത് അദ്യ ഈ ജന്മത്തില് നല്ല വാസന ഉണ്ടാകുക ഈ ജന്മത്തിൽ നല്ല വാസന ഉണ്ടാകുക എന്ന് ഇന്നത്തെ ചുറ്റുപാടുകൾ അനുസരിച്ച് നല്ല പ്രവൃത്തികളെ പറ്റിയിരുന്നു നല്ല വാസന ഉണ്ടാകുക നല്ല കാര്യം നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന് സമാധാനം ഉണ്ടാകും എങ്ങനെയാണെങ്കിൽ ഏ നിങ്ങൾ നല്ല വാസന ഉണ്ടാക്കുന്നു നല്ല പ്രവൃത്തി ചെയ്യുന്നു നല്ല വാക്കുകൾ പറയുന്നു നല്ല രീതിയിൽ ചിന്തിക്കുന്നു പക്ഷെ നമുക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം നിസ്സാരമായൊരു ചോദ്യമാണ് എന്തുവേണം ആർക്കൊന്നും കത്തുന്നില്ല നിങ്ങളുടെ ചുറ്റുപാടുകൾ ഹനുകൂലമായിരിക്കും എന്നാലും പറ്റും ഒരു വ്യക്തി എന്നുള്ളതിലെങ്കിൽ നിങ്ങൾ നിങ്ങളെ എത്രയൊക്കെ ശുദ്ധീകരിച്ചാലും ശരി നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്താണ് കോലാഹലം നിറഞ്ഞാണെങ്കിൽ അതെത്രമാത്രം പ്രതികൂലമാകുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ലോകത്തിന് ലോകത്ത് ഒരു മനുഷ്യനായിട്ട് സമാധാനം ഉണ്ടാക്കാൻ മനുഷ്യ സമൂഹം നന്നായിട്ട് ലോകത്തെ സമാധാനം മനുഷ്യ സമൂഹം നന്നാവുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ മതങ്ങളും ജാതികളും മറ്റുമൊക്കെ അപ്പോ എന്താണ് പറയുന്നത് ഞങ്ങൾ മതപരമായി സംഘടിച്ച് ഇവിടെ ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായി ആർക്ക് സംഘടിക്കുക വേറെ കൂട്ടരെ എന്തിനീ സംഘടിച്ചിട്ട് ക്ഷേമത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോയില്ലേ നിങ്ങൾ സംഘടിച്ചിട്ട് എന്താ കാര്യം സംഘടിക്കാൻ ആർക്കും പറ്റുള്ളൂ അപ്പൊ മനുഷ്യനെന്നുള്ളൊരു ബോധത്തിൽ വന്നിട്ട് മനുഷ്യന് മനുഷ്യനെന്നുള്ള സാമൂഹ്യ ബോധത്തിൽ വന്നിട്ട് എന്താണ് മനുഷ്യന് സമാധാനം കണ്ടെത്തിയാൽ മാത്രമേ മനുഷ്യന് ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റും അല്ലാതെ ഒരു ഒറ്റ വ്യക്തിക്ക് പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ശരിക്കും സമാനമായിട്ട് ജീവിക്കാൻ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ പ്രശ്നമാണ് നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല എവിടെ ജീവിച്ചാലും ശരി ചുറ്റുപാടുകൾ ചുറ്റുപാടുള്ള മനുഷ്യർ വിശേഷിച്ച് അവര് നമുക്ക് സമാധാനം ഉണ്ടാവാം അവര് സമാനപ്രിയരല്ലെങ്കിലും നമുക്ക് സമാനം ഉണ്ടാവാട്ടെ അതുകൊണ്ട് സാഹചര്യം വളരെ പിന്നെ മതപ്രഭാഷണത്തിലൊക്കെ ചെറിയ പറയും ഞാനും പറയുന്നത് എന്താണോ ഏത് വിപരീതമായ സാഹചര്യമായാലും ശരി എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും അതൊക്കെ ചുമ്മാ പറയുന്നു ആൾക്കാരെ പറ്റില്ല താനെന്തോ സ്പെഷ്യൽ സാധനം ആൾക്കാരെ ബോധിപ്പിക്കാൻ പറയുന്നതാണ് അത് നടക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ അതിന് ഒരേ ഒരു അർത്ഥം നമുക്ക് എടുക്കാം അദ്വീതികൾക്ക് എന്താണ് ഏത് സാഹചര്യം ഉണ്ടായാലും ആത്മാവിനൊന്നും സംഭവിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് പറഞ്ഞാൽ ശരിയാണ് സാഖ്യന്മാർക്കും പറയാം ഞങ്ങളുടെ ആത്മാവ് നിർഗുണമാണ് നേരം ചിന്തന്തി ശസ്ത്രമാണ് നീ വെട്ടിക്കൊന്നോ ആത്മാവിനൊന്നും സംഭവിക്കാം മറ്റങ്ങനെയല്ല ചുറ്റുപാടുകൾ വഷളായാൽ നിങ്ങളുടെ മനസ്സും വഷളാവും ഏത് ആസാമിയാണെന്ന് പറഞ്ഞാൽ ഇനി ചുറ്റുപാടുകൾ അനുകൂലമായിരുന്നാൽ പോലും മനസ്സ് വഷളാകും പിന്നെയാണോ ചുറ്റുപാടുകളിലൂടെ മോശമായി കഴിഞ്ഞു അതുകൊണ്ടിവിടെ പറയുന്ന എന്താണ് നല്ല ശീലം ഉണ്ടാക്കിയെടുക്കുക അദ്യം ശുഭമന്ത് നല്ല വാസനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നല്ലതാണ് മനുഷ്യ സമൂഹം തന്നെ അങ്ങനെ മാറിയാലേ ലോകത്ത് ശാന്തി നിലനിൽക്കും പ്രാഗഭ്യാസവശാൽ യഥാത്തിൽ വാസനോടെയും തഥാ അഭ്യാസം വ്യക്തി അയമർത്ഥങ്ങാസവശാത് തേ വാസന യഥാ ഉദയം ജാഥ ഉദയം യാഥ തഥാ അഭ്യാസം ഇവിടെ ഈ അധ്യാ നുണികൾ ഈ ജന്മത്തിലെ കാര്യം പറയണം ഈ ജന്മത്തിൽ നിങ്ങൾ പറയാണ് എന്താണ് പ്രാഗ്യുമ്പ് ഇതുവരെ ചെയ്ത അഭ്യാസങ്ങൾ എന്തെങ്കിലും അഭ്യാസം മനസ്സിന് ശാന്തി തരുന്ന അഭ്യാസങ്ങളാണ് കൂടെ പറയുന്നത് വേറെ അഭ്യാസം ഒന്നും ഇല്ല അഭ്യാസങ്ങളുണ്ട് എന്നെ പറഞ്ഞത് എന്താണോ ഈ സാഹചര്യങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ ഒരു ആധ്യാത്മിക പ്രഭാഷകർ കാര്യം എന്നാണ് പറഞ്ഞത് ഏറെ ചെയ്ത് ജയിലൊന്നു ശരിയോ തെറ്റോന്നുള്ള പറയും അപ്പോ എന്താണ് എ സി കാറിൽ വന്ന് ബഹുമാനമൊക്കെ സ്വീകരിച്ച് സ്റ്റേജ് കയറി ഇരുന്ന് പ്രഭാഷണം നടത്തി പൂമാലിയും ദക്ഷിണയും വാങ്ങി തിരിച്ചു കയറി വണ്ടി കയറി തിരിച്ചുപോയി വഴിയിൽ നിന്ന് ഒരു വീട്ടിൽ പോയിരുന്ന അതൊക്കെ കുറിച്ചുകൊണ്ടിരുന്ന നല്ല സുഖമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ജയിലിൽ പോയി കിടന്ന അങ്ങനെ മനസ്സിലായല്ല അവിടെ കിടങ്ങുന്ന ക്രിമിനലാണ് രണ്ടുമൂന്ന് പേരുടെ ജയിൽ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ബുക്കുകളിലും വായിച്ചിട്ടുണ്ട് നിങ്ങൾ ആധ്യാത്മിക പ്രഭാഷണം പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഈ എന്താണ് യോഗ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുമ്പോലല്ല അത് നിങ്ങളെ സ്വീകരിക്കുന്നത് അവിടുത്തെ പോലീസുകാരാണ് പുള്ളികളല്ല ജയിൽപുള്ളികളിൽ പുള്ളികളുടെ ഇടയിലേക്ക് വന്നു അവര് ആ എന്തൊക്കെയാണ് ആത്മീയ പ്രഭാഷണം കേക്കട്ടെ എന്ന് തന്നെ ഒരു സീനിയർ പില്ലാടിയാണ് ക്രിമിനൽ പറയും പാടാൻ ഞാട്ടന്റെ കാലം തടവും കാലും ഇതുവരെ ആൾക്കാരെ കൊണ്ട് കാരു തടയിച്ചവൻ അവിടെ ചെന്നിട്ടവന്റെ കാരു തിളങ്ങും എന്താ നീ ഇതുവരെ പഠിക്കില്ലേ തടയിട്ടൊരു തട്ടി ചെവിച്ച് പിടിച്ചൊരു കിഴക്കൻ കിട്ടും ഇതൊക്കെയാണ് നടക്കുന്നത് കാരണം അവിടെ ക്രിമിനൽസാണ് അവർക്ക് ഇങ്ങനെയുള്ള യാതൊരു ബോധവും നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളോട് എന്താണ് ആധ്യാത്മിക പ്രഭാഷണം നടത്തിയാലാണ് നരകമാണ് ഏത് രീതിയിലും നരകമാണ് പിന്നെ കഷ്ടം കാരണം കൊണ്ട് അതിനകത്ത് പെട്ടുപോയാൽ പിന്നെ അനുഭവിച്ചേ പറ്റൂ പിന്നെ വേറെ ഒരു നരകത്തിൽ പോണ്ട അല്ല അവിടെ എല്ലാവരും കൂടെ ചുറ്റും മളഞ്ഞിരുന്നിട്ട് സ്വാമി ഒരു പ്രഭാഷണം നടത്തിയെന്നൊന്നും പറയത്തില്ല അവർക്ക് അതൊന്നും ആവശ്യം പിന്നെ അംഗായികളുണ്ടല്ലോ ഫാൻസ് അവർ പറയും ഞങ്ങളുടെ സ്വാമി അവിടെ ജയിലിൽ പോയിട്ടും ഇപ്പോഴും അവിടെ ഏത് ക്ലാസ്സൊക്കെ എടുത്തോണ്ടെങ്കിലും സുഖമായി കഴിയണേ കണ്ടിപ്പോൾ ചോണ്ടെന്ന് പറയും അത് ഫാൻസിന്റെ പരിപാടിയാണ് നരകമാണ് ഒരുപാട് പേര് അത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മാഷിന്റെ ജയിൽ അനുഭവങ്ങളൊന്നും വായിച്ചു വായിച്ചിട്ടുണ്ടാരെങ്കിലും ഏഹ് ആ സുഖം അതിന്റെ സുഖങ്ങളൊക്കെ പുള്ളി പറയും പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ട് കാര്യസ് വൃത്തിയാക്കണം ആര് പോലീസ് പറയുന്നതല്ലേ ഈ പുള്ളിയാണ് ജയിൽ പുള്ളിയാണ് ചെയ്ത് തറ വൃത്തിയാക്കണം അവര് പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അത് സ്വാമിമാരോ ആധ്യാത്മികോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഒത്തൊഴിക്കും ആഹാ നീ സ്വാമിയായിട്ട് വേണ്ടാതെയാണ് ചെയ്തല്ലേ എന്നാൽ നിനക്ക് തിരിക്കട്ടെ അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞതാണ് മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നാൽ മാത്രമേ നിലനിർത്താൻ പറ്റൂ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു മനസ്സൊന്നും അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ഒരു മനസ്സൊന്നും നിങ്ങളുടെ മനസ്സ് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും അതിന് ഉയർച്ചയും കാശ്ശിയൊക്കെ ഉണ്ടോ ഇല്ലെന്നറിഞ്ഞാലും പറയാൻ പറ്റില്ല അതിന് സങ്കടവും സന്തോഷവും ഒക്കെ വരാറുണ്ടോ കോമഡി കാണുമ്പോൾ ചിരിക്കാറുണ്ടോ സങ്കടം ട്രാജഡി കാണുന്ന സങ്കടം വരാറുള്ളൂ എങ്കിൽ പോയാലും അങ്ങനെ എവിടെ അങ്ങനെ അതുകൊണ്ട് ഈ തള്ളൊന്നും കാര്യമില്ല സാഹചര്യം അനുകൂലമായിരിക്കണം അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് പ്രാഗഭ്യാസവെച്ച ുണ്ട് ഇവിടെ അധ്യാന്ന് പറഞ്ഞുകൊണ്ട് നീ ജന്മത്തിലെ ഈ ജന്മത്തിൽ നീ ചെയ്ത അഭ്യാസം കൊണ്ട് നിന്റെ പ്രവൃത്തികളാണ് അഭ്യാസം എന്ന് വേറെ അഭ്യാസങ്ങളൊന്നുമില്ല നിന്റെ പ്രവൃത്തികൾ കൊണ്ട് യഥാ തേ വാസന ഉദയൻ നിന്റെ വാസനകൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ആത്മീയ സാധകനോട് പറയുന്നത് അതുകൊണ്ട് വാസന എന്ന് പറയുന്നത് നല്ല വാസന ആ വാസനകൾ ദൃഢമായി കഴിഞ്ഞാൽ ദൃഢമാകാൻ പോലും എന്ത് സാധനകളാണോ താൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സാധനകൾ വൈഷമ്യം കൂടാതെ സുഗമമായി മുന്നോട്ട് അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അതാണ് വാസനയുടെ ദാർഢ്യവും കൂടെ അങ്ങനെയാണ് വാസനാ ദാർഢ്യത്തെ തിരിച്ചറി ഒരാൾ ജപം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അയാൾക്ക് സാധനം അയാൾക്കത് വൈഷല്യമില്ലാതെ സുഖവുമായി മനസ്സിന് ചാഞ്ചല്യമില്ലാതെ അയാളത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അയാളുടെ അതിന്റെ വാസന ദൃഢമായും നടത്തും ശാരീരികമായോ മാനസികമായോ ഉള്ള ഏതഭ്യാസം ചെയ്താലും ശരി അവിടെ ശരിക്കും പറയുന്നത് ഇവിടെ പോയി വാസന എന്ന് പറയുന്നത് എന്തായാലും ശരി ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് മസിൽ എന്നറിയുന്നതാണ് പറയുന്നത് അത് പാട്ട് പാടുന്നിടത്തായാലും ശരി ചിത്രം വരയ്ക്കുന്നിടത്തായാലും ശരി ഡ്രൈവ് ചെയ്യുന്നിടത്തായാലും ശരി നീന്തൽ ശീലിക്കുന്നിടത്തായാലും ശരി എന്തെങ്കിലും ഒരു അഭ്യാസങ്ങൾ തുടർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാവും നമ്മളിപ്പോൾ ടൈപ്പാണ് ശീലിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലുകളിലുള്ള ആ ബയോളജിക്കൽ സെൽസ് അതുമായിട്ട് നമ്മുടെ ബ്രെയിനിലൊരു കണക്ഷൻ ഉണ്ടാകും ഒരു ന്യൂറൽ കണക്ഷൻ ഉണ്ടാകും അങ്ങനെ എന്താണ് ആ മസിലുകളും നമ്മുടെ ബ്രെയിനുകൊണ്ട് ഒരു കണക്ഷൻ ഉണ്ടായി ബ്രെയിനിലൊരു പ്രത്യേക തരത്തിലുള്ള എന്താണ് ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാകുന്നു അതനുസരിച്ച് നമ്മുടെ ശരീരവും അതനുസരിച്ച് മാറുന്നു നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും കൃത്യമായി ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇതെല്ലാം മസ്സി നമ്പറി നമ്മളെ ഇതിനെ കുറിച്ച് നിരവധി പഠനങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും എങ്ങനെയാണ് ഈ വാസന ഉണ്ടാകുന്ന നമ്മുടെ പഴയ പുസ്തകങ്ങളെ കഴുകി വച്ചിരിക്കുന്നത് പോലെ അല്ല ആധുനിക ശാസ്ത്രം അത് വരുന്ന ഒരു വ്യത്യാസമുണ്ട് ഇതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലൊക്കെ പോകുമ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അഭിപ്രായമുണ്ട് അതായത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഇത്തരം പറയുമ്പോൾ പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണോ ഇത് നമ്മുടെ ബ്രെയിനും നമ്മുടെ മസിലുകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പാടി പാടി പാടി പാടി നല്ല പാട്ടുകാരനാകുന്നതും വരച്ച് വരച്ച് നല്ല ചിത്രകാരനാകുന്നതും നല്ല ഡ്രൈവറാകുന്നതും എല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷെ ഇതിനെയാണ് ഇപ്പോൾ ഈ വാസന എന്ന് പറയുന്നത് പൊതുവെ വിളിക്കുന്ന പേരാണ് മസങ്ങൾ പ്രവൃത്തികളെ സംബന്ധിച്ചാണ് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പഴയ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറയുന്നത് പൂവിൽ എന്തിനാണോ പൂമ്പടിയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവിനോട് ചേർന്ന ആത്മാവിന്റെ സഹകാരി ഈ അന്ധകർണം എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് ഈ അന്ധകർണം എന്ന് പറയുന്ന പദാർത്ഥത്തിൽ കൂടുതൽ കുമ്പടിയിരിക്കുന്നു അതുപോലെ ഒരു പൊടി ഇരിക്കെന്താണ് അതാണ് വാസ്തു പൊടി പൊടിന്നിട്ട പൊടി അപ്പൊ എങ്ങനെ പൊടി അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഖനീകൃത പറയുന്ന അർത്ഥത്തിലാണ് ഖനീകൃതമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് കട്ടി ഈ അന്തക്കണ്ണത്തിന് ഈ വാസന ഇങ്ങനെ കട്ടിപ്പിടിച്ച് കട്ടിപിടിച്ച് കട്ടി പിടിച്ച് അത് ശീലമായി മാറുന്നു അഭ്യാസം കൊണ്ട് വാസന ഉണ്ടാകുന്നു എന്ന് പറയുന്നു അത് ശീലമാവുന്നു എന്ന് പറയുന്നത് ശരി തന്നെയാണ് കഴിഞ്ഞ വ്യത്യാസം പക്ഷെ എന്താണ് ഈ വാസന പഴയ ശാസനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അന്തക്കണ്ണമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് പൂ പോലെയാണ് അവിടെ വരുന്ന പൂമ്പൊടിയാണ് വാസന ഇന്നത്തെ സയൻസ് പറയുന്നത് അതൊക്കെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയെന്നുള്ളതിൽ കൃത്യമായ ഉത്തരം വന്നിട്ടില്ലെന്നേ ഉള്ളൂ അത് എവിടെ സംഭവിക്കുന്നു എന്നുള്ളതിൽ ആധുനിക ശാസ്ത്രത്തിന് യാതൊരു സംശയമില്ല ഇനി പഴയ ശാസ്ത്രങ്ങൾ ചിലടത്ത് പറയുന്ന ഈ വാസന എന്ന് പറയുന്ന ആത്മാവിലാണെന്ന് പറയുന്നവരുമുണ്ട് ഈ ആത്മാവ് നിർബണമെന്ന് പറയുന്ന സാങ്കന്മാർക്കും അദ്വൈതർക്കൊക്കെയാണ് ആത്മാവിൽ വാസിനെ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളത് ആത്മാവ് നിർഗുണവും അല്ല ഇപ്പം ഞാൻ വാസന ആത്മാവിനെത്തുന്നോണ്ട് എന്താ കുഴപ്പം അത് ആത്മാവിലാണെന്നും പറയുന്നു ഞാൻ രണ്ടു കാഴ്ചപ്പാടും പറയാണ് പഴയ കാഴ്ചപ്പാടത് ഏതെങ്കിലും ഒന്നിനെ പുകഴ്ത്തിയോ മറ്റൊന്നിനെ ഈകഴ്ത്തിയോ ഞാൻ പറയുന്നു പഴയ കാഴ്ചപ്പാട് അതാണ് ആധുനിക കാഴ്ചപ്പാട് പിന്നെ ഈ ആധുനികമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത് മനുഷ്യന് മനുഷ്യന്റെ ഈ പൊതുബോധം അതായത് ഫിസിയോളജി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പൊതുബോധത്തിലൊന്നാണ് എനിക്കതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽസായിട്ട് ഒന്നും അറിയിക്കില്ല അവരുടെ പേപ്പറുകൾ വായിച്ചാലോട് അറിവുള്ളൂ പത്തും പതിനഞ്ചും വർഷത്തിനെ കുറിച്ചൊക്കെ പഠിച്ച ഇതിന്റെ എല്ലാം വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഡോക്ടർമാര് ഒക്കെ എന്ത് ചെയ്യുന്നു വാസിഷ്ടം തുറന്നു വെച്ചിട്ട് ഇതിന്റെ വാസനയാണ് പഠിപ്പിക്കുന്നത് അത് കഷ്ടമാണ് ഇവർ പിന്നെ ഈ പഠിച്ചു ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത്ഭുതമില്ല ആലോചിച്ചിട്ടേ ഉള്ളൂ എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ ഏത് കാര്യം പഠിച്ചാലും ശരി നിങ്ങൾ സിലബസിൽ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയത്നം ആവശ്യമാണ് ജീവിതകാലം മുഴുവൻ ആ സിലബസ് പഠിച്ച് തീർക്കേണ്ടി വരും പഠിച്ച് തീർന്നാൽ നിങ്ങൾക്ക് അധികം പുറത്തു കിടക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് പൊതുബോധം ഇല്ലാതെ അതുകൊണ്ടാണ് ഈ ഡോക്ടർമാർ തികഞ്ഞ അന്ധവിശ്വാസികളായി ജീവിക്കുന്നത് അവർ പഠിച്ചതൊന്നും അവർ ഓർക്കുന്നില്ല അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് അവർക്കറിയാം എവിടെ രോഗീനും രോഗത്തിനുമൊക്കെ അവർക്ക് പ്രയോഗിക്കുമെന്നറിയാം പക്ഷെ വിജ്ഞാനത്തിന് പല മേഖലകളുണ്ട് അവിടെ നിന്നും അത് എന്റെ ആപ്ലിക്കേഷനുകളൊക്കെ അറിയത്തില്ല അവരിന്നും എന്താണ് ഈ പൂവിന്റെ കുമ്പടിക്കകത്തിരിക്കുന്ന ഒരാൾ ക്ലാസ് എടുക്കുന്ന വാസിനെ കുറിച്ചാണ് അവരിന്നും ആൾക്കാർ പഠിപ്പിക്കുന്നത് പിന്നെ ഇവർ ഈ പത്ത് വർഷം എന്താ പഠിച്ചത് എനിക്കൊരു പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് കത്തി പതിനഞ്ച് വർഷം പഠിച്ചവരും ഇത് കത്തുന്നില്ല എന്താ ഇതിന്റെ തകരാറ അത് ഇതാണ് അതിന്റെ പ്രശ്നം ഇതാണ് അറിവിന് നമ്മൾ ഒരിക്കലും മേല് കെട്ടാൻ പാടും മനസ്സെന്ന് പറയുന്നെന്തായിരിക്കും അത് ഓപ്പൺ തന്നെ ആയിരിക്കും എപ്പോഴും എന്താണോ ശരിയുടെ സാധ്യതകളിലേക്കായിരിക്കണം മനസ്സിന്റെ വരവ് ചൂണ്ടേ അത് ശരിയെന്ന് ശരിയാകാൻ സാധ്യതയുള്ളതിനെ ശരി എനിക്ക് മനസ്സിനൊരന്വേഷണം വേണോ ഈ സത്യാന്വേഷണം എന്ന് പറയുന്നതിലൂടെ എനിക്കത്ര യോജിപ്പില്ല ഈ സത്യാന്വേഷണത്തിലുള്ളൊരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയാമോ മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണം എന്നൊക്കെ പറയുന്നിടത്ത് ഒരു വലിയൊരു വിഷയമുണ്ട് സത്യം എന്താണെന്ന് ആദ്യമേ തീരുമാനിക്കും പിന്നെയാണ് അന്വേഷണം നടത്തുന്നത് മനസ്സിലായത് ഗാന്ധിജിക്ക് ഹരിത്ര ഹരിചന്ദ്രന്റെ നാടകം കണ്ടപ്പോ തന്നെ സത്യം മനസ്സിലായി പിന്നെ ജീവിതകാലം മുഖം സത്യത്തെ അന്വേഷിക്കായിരുന്നു അതല്ല അങ്ങനെയുള്ള സത്യ അന്വേഷണം നടത്തേണ്ടത് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കണം നമ്മൾ കണ്ടെത്തുന്നത് ആത്യന്തിക യാഥാർത്ഥ്യമാകണമെന്നുള്ള ഒരു നിർബന്ധമില്ല അങ്ങനെ ഒരു നിർബന്ധമില്ല നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുക എന്നുള്ളതിനപ്പുറം അത് ആത്യന്തിക അസത്യമായി കൊണ്ടുവന്നു നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അങ്ങനെ മാത്രമേ നമ്മൾ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകൂ അല്ല സത്യത്തെ തീരുമാനിച്ചിട്ട് നിങ്ങൾ സത്യം അന്വേഷണം നടന്ന അവിടുത്തെ അതാണ് ഇതിന്റെ തകരാറ് അതുകൊണ്ട് പഴയ കാഴ്ചപ്പാടും ഇന്നത്തെ കാഴ്ചപ്പാട് നമ്മുടെ വ്യത്യാസമാണ് ഞങ്ങൾ നമ്മൾ പുതിയ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ സാധ്യതകളെ കുറിച്ചും അന്വേഷിക്കുന്നു പഴയ കാഴ്ചപ്പാട് മനസ്സിലാക്കുമ്പോൾ അതിന്റെ സാധ്യതകളെ കുറിച്ചും അന്വേഷിക്കും അന്വേഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പൂ പൂമ്പടി ഞാൻ ഒരുപാട് പരിധിയുണ്ട് ഈ വാസനയെ കുറിച്ചുള്ള ഒരു അന്വേഷണം പഠനം അതിന്റെ ഒരു പേപ്പറും ഒരിടത്തും കാണാൻ ഇങ്ങനെയുള്ളത് ആകെ ഉള്ളത് എന്താണ് ഫ്രോയിഡിന്റെ ബോധ മനസ്സ് അബോധ മനസ്സ് ഉപബോധ മനസ്സ് ഇതൊക്കെ ഇനി മനുഷ്യർ തളിക്കളഞ്ഞു കാര്യങ്ങളാണ് അതൊന്നും ഒരു സയൻസായി ഇന്ന് അംഗീകരിക്കാത്ത കാര്യമാണ് വേറെ ഒരിടത്തും ഇതിനെ കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല പഠനങ്ങളില്ല സിദ്ധാന്തങ്ങളൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ആധുനികമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേപ്പറുകൾ നമുക്ക് വായിക്കാൻ കിട്ടും അവിടെയൊക്കെ ഇത് ഈ വാസന എന്ന് പറയുന്ന അംഗീകരിക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ വിശദീകരണം കൂടി വേറെ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ശരിയാണെന്താണ് നമ്മൾ ശീലിച്ചാൽ നമ്മളിൽ വാസന അത് ഉറപ്പാണ് അത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അതായത് എവിടെ നിങ്ങൾ പൂർവ ജന്മത്തിലെ എന്ന് പറയുന്നു അവിടെയൊക്കെ എന്തുവരുന്നില്ല പാരമ്പര്യ ജീനുകളാണ് അവിടെ കിടന്ന് വരുന്നത് അല്ലാതെ പൂർവ്വജന്മൊന്നും അതിനുള്ള സാധ്യത വളരെ വിരളമാണ് നമ്മുടെ പാരമ്പര്യ ജീവികൾ നമ്മൾ വരും അതിന്റെ മ്യൂട്ടേഷൻ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്നൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ഏ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകളിൽ നിന്ന് വായിക്കണം അല്ലാതെ അല്ലാതെ വരുന്നത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് സയൻസ് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ന്യൂറോ സയൻസ് പഠിച്ചിട്ട് പിന്നെ വാസനക്ക് ക്ലാസ് എടുക്കുന്നവരാണെന്നുള്ളത് അപ്പോ അങ്ങനെയുള്ള പൊട്ടൻ സയന്റിസ്റ്റുകൾ ഒരുപാടുണ്ട് അവരോരോ പേപ്പറുകളിൽ എഴുതിയിട്ടു അത് വായിച്ചതിന്റെ പുറകെ പോയാൽ വീണ്ടും കുഴപ്പത്തിലാവും അപ്പോ എന്താണോ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകളിൽ കയറി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കും ധാരാളം വായിക്കാനുണ്ട് നമുക്ക് ഒരു ജന്മം കൊണ്ടൊന്നും പറ്റില്ല പക്ഷെ എന്റെ എന്താണ് സാരം സാരമായ കാര്യങ്ങൾ മാത്രം പലത് പലയിടത്തും ആ പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്തിരിക്കും അത് നമ്മൾ വായിച്ചാൽ മതി എങ്ങനെ അവർ അവർ നിഗമനത്തിൽ എത്തിച്ചേർന്നു കാര്യം പലതും സാങ്കേതികമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തു പബ്ലിക്കിന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാലേ നമുക്ക് അതിനപ്പുറം നമുക്കൊന്നും മനസ്സിലാകത്തു അത് സിമ്പിളായ ഭാഷയിലായിരിക്കും എഴുതിയിട്ടിരിക്കുന്നത് അല്ല നമുക്ക് തന്നെ റിസർച്ച് ചെയ്യാനോ കണ്ടുപിടിക്കാനോ നമുക്ക് കഴിയത്തില്ല രണ്ടും മനസ്സിലാക്കുക സാധ്യതകൾ ഏതിനാണോ കൂടുതൽ അതിനീകരിക്കുക അത്രയുള്ളൂ അല്ല വെറുതെ സത്യത്തെ അന്വേഷിക്കാനും നടക്കുക കാലം കഴിയും അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് ഈ ഇതുവരെയുള്ള അഭ്യാസം കൊണ്ട് ഈ പറയുന്ന കരത്ത് നിന്റെ അഭ്യാസത്തെ നിനക്ക് സുഗമമായി കൊണ്ടുപോകാൻ പറ്റും വാസന ഈ പറയുന്ന മസല അത്രയുള്ളത് സംഗീതമായാലും എന്തായാലും അത് തന്നെ നമ്മൾ സ്കില്ലുകൾ എന്നൊക്കെ പറയുന്നില്ലേ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഞാൻ ഇവിടെ വായിച്ചു ഒരാള് ഇരുപത്തി അഞ്ച് വർഷം അയാൾ വേറെ ഒരു പണിക്ക് പോയി ഇനി ചെയ്ത റിസർച്ച് ചെയ്യുന്നവര് പഠനം നടത്തിയവരെ കൊണ്ടുവന്ന് ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒന്നും കൊണ്ടുവരുന്നു അയാളെ ആ സ്കില്ായത് നഷ്ടപ്പെട്ടിട്ടില്ല ചെറിയ വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ ബ്രെയിനിൽ അങ്ങനെ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നില്ല എന്നാണ് ആ വാസനം ഡ്രൈവിങ്ങിനെ സംബന്ധിച്ചു അത് തന്നെ പറയും നിങ്ങളത് സ്വായത്തമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ച ഇല്ലാതെ വരികയോ കൈക്ക് വിറയിൽ വരികയോ ചെയ്താൽ ആ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരും പക്ഷെ എന്റെ സുഹൃത്തുണ്ട് ഇപ്പൊ അമേരിക്കയിൽ സുഖമായിട്ട് കാർ ഒളിച്ച ഇവിടെ നമ്മുടെ നാട്ടിലുമുണ്ട് എൺപത്തിയഞ്ച് വയസ്സൊക്കെ വന്നിട്ട് ഇരുന്നവരുണ്ട് കാരണം അത് കുറച്ച് ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ അതാണ് വാസനയുടെ ദാർഢ്യം എന്നുപോലെ അതിനാണ് മസ്സിൽ നന്നറിയുന്ന പോലെ അല്ലാതെ അതി പൂവിന് പൂമ്പടിയിരിക്കുന്ന പോലെ ഏതോ ഒരു സ്ഥലത്തിൽ ഇരിക്കുന്ന കാര്യമില്ല എല്ലാം നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ അതവിടെ തന്നെ ഇല്ല നഷ്ടം വരത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞെന്താണ് സ്വൽപ്പം ധർമ്മസ്യം ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കി ആരും എഴുതിയാണോ നമ്മൾ കുറച്ച് അഭ്യസിച്ചു കഴിഞ്ഞാൽ നമ്മളീ തന്നെ ഇരിക്കും അത് നല്ലതാണെങ്കിൽ അതിനെ പറയുന്നത് യഥാ ത്തെ വാസന ഉദയം ജാഥ എപ്പോഴാണോ വാസന ദൃഢമായി വരുന്നത് അത് നമുക്ക് സ്വായത്തമായി വരുന്നത് ആ പ്രവൃത്തി ഏതായാലും ശരി അത് അനായാസമായി വരുന്നത് ഇപ്പൊ എന്ന് മനസ്സിലാകണം സാഫല്യം വരുത്തി അത് ഫലവത്തായിരുന്നില്ല അഭ്യാസം ഫലവത്തായ അത് ഭൗതികമായ പ്രവൃത്തികളിലായാലും ശരി ആധ്യാത്മികമായ സാധനങ്ങളിലായാലും ശരി സഫലത എന്ന് പറയുന്നത് നിരന്തര പ്രവൃത്തി കൊണ്ട് സാധിക്കും അതിന്റെ പിന്നിൽ അതിനെ വാസന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ടൈംസൊക്കെ ഉപയോഗിച്ച് പോയാൽ അതിന്റെ എങ്ങനെ ഉപയോഗിച്ചാൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വേറെ വേറെ ആയിരിക്കും പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്